നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീട് ശേഷം ശക്തി നൽകുകയും പിന്നീട് ശക്തിക്കുശേഷം ബലഹീനതയും വാർദ്ധക്യവും നൽകുകയും ചെയ്തത് അള്ളാഹുസുബാനഹുഅ താല ആണ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനെല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്